പുറപ്പാട് പുസ്തകം അധ്യായം ഒന്ന് യാക്കോബിനോടു കൂടെ താന്താന്റെ കുടുംബസഹിതം മിസ്രൈമിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകൾ ആവിത് രൂബൻ ഷിമയോൻ ലേവി യഹൂദ ഇസാഖാർ സെബൂലുൻ ബെന്യാമീൻ ദാൻ നഫ്താലി ഖാദ് അഷെർ യാക്കോബിന്റെ കഠിപ്രദേശത്തുനിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ എഴുപതുപേർ ആയിരുന്നു യോസേഫോ മുംബൈ തന്നെ മിശ്രമിൽ ആയിരുന്നു യോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറ ഒക്കെയും മരിച്ചു ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർധിച്ച് പെരുകി ബലപ്പെട്ടു ദേശം അവരെക്കൊണ്ട് നിറഞ്ഞു അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി അവൻ തന്റെ ജനത്തോട് ഇസ്രേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതു ഈ രാജ്യം വിട്ടുപോയിക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി അവർ പീഥോം റയംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഹറവോന് എന്നാൽ അവർ പീഡിപ്പിക്കും ജനം പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രയേൽ മക്കൾ നിമിത്തം പേടിച്ചു മിസ്രൈമിയർ ഇസ്രയേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെക്കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി എന്നാൽ മിശ്രയും രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട് എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതി കർമ്മത്തിന് പ്രസവശയയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങളതിനെ കൊല്ലണം പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിശ്രയും രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു അപ്പോൾ മിശ്രയും രാജാവ് സൂതികർമ്മിണികളെ വരുത്തി ഇതെന്തൊരു പ്രവൃത്തി നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു സൂതികർമ്മിണികൾ പറവനോട് യബ്രായ സ്ത്രീകൾ മിശ്രൈമ്യ സ്ത്രീകളെപ്പോലെ അല്ല അവർ നല്ല തിറമുള്ളവർ സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു ജനം വർദ്ധിച്ചു ഏറ്റവും ബലപ്പെട്ടു സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവനവർക്ക് കുടുംബവർധന നൽകി പിന്നെ പറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയേയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയേയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു